നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞായറാഴ്ച നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കൂടി വരാനും നമുക്ക് വളരെ നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള വളരെ പ്രയോജനം ചെയ്യുന്ന ദൈവ നമുക്ക് കേൾക്കുവാനും നമുക്കിടയായല്ലോ നമുക്ക് ചേർന്ന് ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയേറ്റി നമുക്ക് പ്രാർത്ഥിച്ച മീറ്റിങ് നമുക്ക് അവസാനിപ്പിക്കാം നമ്മൾ ഇവിടെ കൂടിയിരിക്കുമ്പോൾ സാധാരണ വളരെ ആത്മീയമായ ഒത്തിരി നല്ല സത്യങ്ങൾ നാം സംസാരിക്കാറുണ്ട് നാം പറയാറുണ്ട് നാം കേൾക്കാറുണ്ട് നമ്മളെ സമർപ്പണം താഴ്മ നുറുക്കം എത്രയെത്ര വാക്കുകൾ നമുക്ക് ഈ വാക്കുകളൊക്കെ വളരെ വളരെ പരിചയമാണ് ക്രൂശ്ശെടുത്തുകർത്താവിനെ അനുഗമിക്കുക അപ്പോൾ ഇത്രയും വാക്കുകളൊക്കെ നമുക്ക് പരിചയമുള്ളതുകൊണ്ട് നമ്മൾ പല ആവർത്തി ഈ വാക്കുകൾ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കോൺഫറൻസിലിത് കേൾക്കുന്നു ഇതുമായിട്ട് ഇങ്ങനെ കൈയാളി ഇതിങ്ങനെ പറഞ്ഞ് അറിയാതെ നമ്മുടെ ഉള്ളത്തിൽ നമുക്ക് ഞാൻ അവിടെ ആയി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നുറുക്കം നുറുക്കം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഞാൻ നുറുക്കപ്പെട്ടവനാണ് സമർപ്പണം സമർപ്പണം ഞാൻ സമർപ്പിക്കപ്പെട്ടവനാണ് അപ്പോൾ നമ്മളിത് പറയുന്നതും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ കേൾക്കുന്ന ദൈവവചനം ബ്രദർ പറഞ്ഞതുപോലെ നമ്മൾ ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ നോക്കണം ഞാനിപ്പോഴും എൻ്റെ പഴയ ഭാവി എൻ്റെ ഭൂതകാലത്ത് ചില വിക്ടറിയിൽ ഏതെങ്കിലും ചില ജയത്തിൽ ഏതെങ്കിലും ചില ഡേറ്റുകളിൽ ഞാൻ ജീവിക്കുന്നത് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷയിലും ആകുലത്തിലുമാണോ ഞാൻ ജീവിക്കുന്നത് ഞാൻ ഇന്നത്തെ പല കാര്യങ്ങളുടെ പുറകെ ഉള്ള ഒരു ഓട്ടത്തിലാണോ അതിനപ്പുറത്ത് എൻ്റെ ഭാവി എൻ്റെ ഭൂതം എൻ്റെ വർത്തമാനം ഇവിടെയെല്ലാം ഞാൻ അർത്ഥവത്തായി കർത്താവിന് എന്നെ തന്നെ സമർപ്പിച്ച് മുമ്പോട്ട് പോകുന്നവനാണോ എനിക്കും എന്നെ തന്നെ ചോദന ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിട്ട് എനിക്ക് തോന്നി ഞാനും വീണ്ടും കർത്താവെ ഇത് വാക്കുകൾക്ക് അപ്പുറത്ത് തന്നെ സമർപ്പിക്കുവാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് ഞാനും ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ അപകടം ഞാനും പ്രത്യേകിച്ച് കഴിഞ്ഞ ഇട മറ്റ് ചില സ്ഥലങ്ങളിലുമൊക്കെ മറ്റു ചില സഭകളിലുമൊക്കെ അനേക വർഷം സഭയിൽ അനേക വർഷം സഭയിലായി ഇരുന്ന് അതിനുശേഷം കുറേ കഴിയുമ്പോൾ ഈ വാക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകൾ സാഹചര്യത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കാണുമ്പോൾ അത് നമ്മയും ഒരു ഞെട്ടലിലേക്ക് കൊണ്ടുവരേണ്ടതാണ് നമ്മൾ ഒന്ന് കൊരിന്തീർ മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം അതിലിങ്ങനെ ഒരു വാക്യമുണ്ട് ആ വാക്യം ഇങ്ങനെയാണ് ആരും തന്നെത്താൻ വഞ്ചിക്കരുത് ഇങ്ങനെയാണ് ആ വാക്യം ആരും തന്നെത്താൻ വഞ്ചിക്കരുത് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ വഞ്ചിക്കുവാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് ഞാൻ അങ്ങനെയല്ലാതിരിക്കെ ഞാൻ അങ്ങനെയാണ് എന്നുള്ളൊരു ധാരണയിൽ ജീവിക്കാനായിട്ട് സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പറയുന്ന മറ്റൊരു വാക്യമുണ്ട് ഗലാത്തി ലേഖനും ആറാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യമാണ് ഗലാത്യലേഖനും ആറാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് താൻ അല്പനായിരിക്കെ മഹാൻ ആകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു തന്നെത്താൻ വഞ്ചിക്കുന്നു അപ്പോൾ അത് അങ്ങനെയാണ് ഗലാത്തിർ ആറിൻ്റെ മൂന്ന് താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു ഈ രണ്ട് വാക്യങ്ങളിലും തന്നെത്താൻ വഞ്ചിക്കരുത് എന്ന് ഒന്ന് കൊനിന്ദീർ മൂന്നിൻ്റെ പതിനെട്ടിൽ വാങ്ങിച്ചു നമ്മൾ ഗലാത്തിർ ആറിൻ്റെ മൂന്നിൽ വായിക്കുന്നത് യഥാർത്ഥത്തിൽ അല്പനാണ് പക്ഷേ എന്താ ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ മഹാനാണ് എന്ന് ചിന്തിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമുക്ക് പരിചയമുള്ളൊരു വാക്യമുണ്ട് നിങ്ങളിൽ ഒരുവൻ തൻ്റെ ഒന്നിൻ്റെ ഇരുപത്തിയാറ് ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാൻ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥം അത്രേ നിരൂ ഞാൻ നിരൂപിക്കുന്നത് ഞാൻ ഭക്തനാണെന്ന് നിരൂപിക്കുന്നു ജ്ഞാനിയാണെന്ന് നിരൂപിക്കുന്നു മഹാനാണെന്ന് നിരൂപിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം നോക്കുമ്പോൾ എന്താണ് അങ്ങനെയല്ല അപ്പോൾ ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് എൻ്റെ ഹൃദയം എന്താണ് ഞാൻ ആരാണ് ഞാൻ എൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണ് ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മൾ ഒരുവൻ അവൻ അവനവൻ നാം വിധിച്ചാൽ നാം ഇന്ന് ഈ പാനപാത്രത്തിൽ നമ്മൾ പങ്കാളികളായപ്പോൾ നമ്മൾ വായിച്ചത് നാം നമ്മെ തന്നെ വിധിച്ചാൽ നാം വഞ്ചിക്കപ്പെടുകയില്ല അപ്പം നാം നമ്മെ തന്നെ വിധിക്കണം നമ്മൾ എവിടെയാണ് നമ്മെ തന്നെ വിധിക്കേണ്ടത് നമ്മളെങ്ങനെയാണ് അറിയുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലാണ് നാം അറിയുന്നത് നമ്മുടെ വീടിൻ്റെ ആയി ബന്ധപ്പെട്ട് ബ്രദർ നേരത്തെ പറഞ്ഞ് വണ്ടി ഇടിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് അടുത്ത വീട്ടുകാരൻ്റെ ചെടി ഈ അവിടെ മരം ഇങ്ങോട്ട് ആഞ്ഞി നിൽക്കുന്നു അവിടുത്തെ എന്തെങ്കിലും ഒരു ശല്യം ഇവിടെ ഉണ്ടാകുന്നു ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നു നമ്മുടെ ഉള്ളിലുള്ള ഡിസ്റ്റർബൻസ് അടുത്ത വീട്ടുകാരനോടുള്ള നമ്മുടെ മുറുമുറുപ്പ് ആ പുള്ളി അങ്ങനെ ചെയ്യുന്നു ഇതിവിടെ കൊണ്ടുവന്നു ഇങ്ങനെ ചെയ്യുന്നു എൻ്റെ ഈ സാധനം എടുക്കുന്നു എൻ്റെ അതെടുക്കുന്നു ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്നിങ്ങനെ പൊങ്ങി വരുന്ന ഈ ചിന്തകൾ കാണുമ്പോൾ അപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിയണം കർത്താവെ ഞാൻ ഈ പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സമർപ്പിച്ചിട്ടൊന്നും ഇല്ല ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ ഇങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ ഈ ആത്മീക ഭാഷ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞാനത് ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞാൻ എന്നെ വഞ്ചിക്കരുത് ഞാൻ എന്നെ വഞ്ചിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ കഷ്ടങ്ങൾ വരുമ്പോൾ അപ്പോൾ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ അറിയാം എന്നാലും എന്നെ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നാലും എനിക്കിങ്ങനെ വന്നല്ലോ എന്നാലും എനിക്ക് എന്നാലും ഞാൻ ഇത്രയും ദൈവത്തെ പിൻപറ്റിയിട്ടും എനിക്കിങ്ങനെ പ്രയാസം വന്നല്ലോ നഷ്ടം കഷ്ടം വരുമ്പോൾ നഷ്ടം വരുമ്പോൾ അതിൻ്റെ മധ്യത്തിലും ദൈവമാണെൻ്റെ യജമാനനെങ്കിൽ ഞാൻ സമർപ്പിച്ചതാണെങ്കിൽ എനിക്ക് നഷ്ടം വന്നാൽ കർത്താവ് എൻ്റെ ഇതിൻ്റെ മധ്യത്തിലും അങ്ങെൻ്റെ യജമാനനാണ് ഞാനവിടെ ഞാനിതാ എന്നെ തന്നെ ഞാൻ അവിടെ ഏൽപ്പിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ കഷ്ടം നഷ്ടം നമ്മുടെ നേട്ടം ചിലപ്പോൾ നമ്മുടെ നേട്ടങ്ങളാണ് നേട്ടം വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്ത ചിന്തയിൽ ഇങ്ങനെ ഞാൻ കൊള്ളാം ഞാൻ എൻ്റെ ഞാൻ നേടിയത് അപ്പൊ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിന്റെ നിലവുകളും ചിന്തകളും ദൈവം ഇതിലേക്കാണ് നോക്കുന്നത് ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയം കാപ്പ്യമുള്ളതാണ് നമുക്ക് പരിചയമുള്ള വാക്യം രമ്യ പതിനേഴ് നമ്മുടെ ഹൃദയം വളരെ കാവട്ട്യമുള്ളതാണ് ആർക്കാണ് അതിനെ അറിയുന്നത് ഞാൻ വിചാരിക്കുന്നത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു പക്ഷെ എൻ്റെ ഹൃദയത്തെ ആരാഞ്ഞ് അറിയുവാൻ കഴിയുന്നത് ദൈവമാണ് ആ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങൾ എന്താണ് ചിന്ത എന്താണ് ഭാവം എന്താണ് അവിടെ നാം സത്യസന്ധരാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മെ തന്നെ വഞ്ചിക്കാതിരിക്കാനായിട്ട് പറ്റൂ അല്ലെങ്കിൽ നമ്മൾ ഈ ഭാഷയും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ തിമത്യോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നതുപോലെ നമ്മൾ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരാകും അവസാന കാലത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് അങ്ങനെ പറയുന്നത് നമുക്കങ്ങനെ ആയിരിക്കരുത് പ്രിയമുള്ള സൗരസവരന്മാരെ ഞാനും അത് ഭയക്കുന്നു നമ്മുടെ ചുറ്റിനും നമ്മുടെ സി എഫ് സി സഭയിൽ പോലും അങ്ങനെയുള്ള ഒരു ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായി പല സൗരസവന്മാരും ആയി പോകുന്നതിൻ്റെ മധ്യത്തിൽ കർത്താവെ എൻ്റെ സമർപ്പണം അത് വാക്കുകൾക്ക് അപ്പുറത്തുള്ളൊരു സമർപ്പണമാകണം കർത്താവെ നുറുക്കം എന്ന് പറയുന്നത് അത് എൻ്റെ അറിവിനപ്പുറത്തുള്ള ഒരു തകർച്ചയിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി മാറണം കർത്താവെ ക്രൂശെടുക്കുക എന്ന് പറയുന്നത് ഒരു അറിവിനപ്പുറത്ത് ഞാൻ എന്നെ തന്നെ ത്യജിച്ച് എൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾ െന്ന് വെച്ച് അങ്ങേ പിൻപറ്റുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള ഒരു ജീവിതമായി മാറണം എന്നെ സഹായിക്കണമേ എനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ല പലപ്പോഴും ഞാൻ തെറ്റിപ്പോകുന്ന കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ ആവശ്യബോധത്തോടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അവിടെയാണ് ദൈവത്തിന് നമ്മെ സഹായിക്കാനായിട്ട് പറ്റുക നമ്മുടെ പല പ്രിയപ്പെട്ട സൗദി സൗരന്മാരും ആ രീതിയിൽ ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞു അവരുടെ ആവശ്യം പറഞ്ഞു ഞാൻ എനിക്ക് എനിക്ക് എനിക്ക് മുമ്പോട്ട് പോകണം ഞാനിപ്പോൾ ആയിട്ടില്ല അങ്ങനെയുള്ളൊരു മനോഭാവത്തോടെ ആത്മാവിലുള്ള ദാരിദ്ര്യത്തോടെ ഇന്ന് നാം ഒരു നിറവോടെയല്ല നമ്മുടെ കുറവിൻ്റെ ബോധ്യത്തോടെ നമുക്ക് ഇന്ന് ദൈവസന്നിധിയിലേക്ക് വരാം കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം കർത്താവെ ഞാനായിട്ടില്ല എന്നാൽ കർത്താവ് നമ്മെ സഹായിക്കും ആയി എന്ന് ചിന്തിച്ചാൽ അതോടെ പോയി ഐ മീൻ അതോടെ നമുക്ക് മുമ്പോട്ടൊരു യാത്രയില്ല പ്രിയസര് സർമാർ നമുക്കങ്ങനെ ഒരു കുറവിൻ്റെ ബോധ്യത്തോൽ നമുക്ക് ദൈവത്തിനും സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം കർത്താവെ ഒരു കണ്ണാടി പോലെ